ലൂക്കോസ് എഴുത സുവിശേഷം മൂന്നാം അധ്യായം ലൂക്കോസ് എഴുത സുവിശേഷം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ തിബേരിയോസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെറോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഈസുരിയ തൃക്കോനിത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബിലേനിയയിലും ൃഢപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സക്കരിയാവിന്റെ മകനായ യോഹനാനു മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി അവൻ യോദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ച് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത എല്ലാ താഴ്വരയും നികന്നു വരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും സകല ജഡവും ദീപത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ അവനാ സ്നാനമേൽപ്പാനും വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത് ആർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളംകൊണ്ട് പറവാൻ തുനിയരുത് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷവെല്ലാം വെട്ടി തീയിട്ട് കളയുന്നു എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു അതിനു അവൻ രണ്ടു വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ചുങ്കക്കാരും സ്നാനവേൽപ്പാൻ വന്നു ഗുരോ ഞങ്ങൾ എന്ത് ചെയ്യാണ് എന്നും അവനോട് ചോദിച്ചു നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുതെ അവൻ പറഞ്ഞു പടജനവും അവനോട് ഞങ്ങളെന്ത് ചെയ്യാണെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീൻ എന്നും പറഞ്ഞു ജനം അവൻ ക്രിസ്തുവോ എന്നും എല്ലാവരും ഹൃദയത്തിൽ യോഹനാനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹനാൻ എല്ലാവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളംകൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവുകൊണ്ടും സ്ത്രീകൊണ്ടും സ്നാനം കഴിപ്പിക്കും അവന് വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതുകടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും മറ്റ് പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുശേഷം അറിയിച്ചു എന്നാൽ ഇടപ്രഭുവായ ഹരോദാവ് സഹോദരന്റെ ഭാര്യ ഹരോധ്യ നിമിത്തവും ഹരോദാവ് ചെയ്ത ദോഷങ്ങൾ നിമിത്തവും യോഹനാൻ അവനെ ആക്ഷേപിക്കാൻ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു ജനം എല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റുപ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവു എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നു ഒരു ശബ്ദമുണ്ടായി യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു യോസേഫ് ഹേലിയുടെ മകൻ ഹേലി മഥാത്തിന്റെ മകൻ മഥാത്ത് ലേവിയുടെ മകൻ ലേവി മെൽക്കിയുടെ മകൻ മെൽക്കി എണ്ണായിയുടെ മകൻ ോസെഫിന്റെ മകൻ യോസെഫ് മഥധ്യോസിന്റെ മകൻ മതധ്യാസ് ആമോസിന്റെ മകൻ ആമോസ് നാഹുമിന്റെ മകൻ നാഹു യെസ്ലിയുടെ മകൻ യസ്ലി നഗായിയുടെ മകൻ നഗായി മയാത്തിന്റെ മകൻ മയാത്ത് മതധ്യോസിന്റെ മകൻ മതധ്യോസ് ഷെമയിയുടെ മകൻ ഷമയി യോസഫിന്റെ മകൻ യോസഫ് യോധയുടെ മകൻ യോധ യോഹന്നാന്റെ മകൻ യോഹന്നാൻ രേസയുടെ മകൻ റേസ സരോബാബേലിന്റെ മകൻ സരോബാബേൽ ഷലിഥിയേലിന്റെ മകൻ ഷലിധിയേൽ നേരിയുടെ മകൻ നേരി മെൽക്കിയുടെ മകൻ മെൽക്കി അദിയുടെ മകൻ അദ്ദി കോസാമിന്റെ മകൻ കോസാം എൽമദാമിന്റെ മകൻ എൽമദാം ഏറിന്റെ മകൻ യർ യോശുവിന്റെ മകൻ ോഷു ഏലിയാസറിന്റെ മകൻ ഏലിയാസർ യോരിമിന്റെ മകൻ യോരീം മഥാത്തിന്റെ മകൻ മഥാത്ത് ലേവിയുടെ മകൻ ലേവി ഷിമ്യോന്റെ മകൻ ഷിമ്യോൻ യഹൂദയുടെ മകൻ യഹൂദ യോസഫിന്റെ മകൻ യോസഫ് യോനാമിന്റെ മകൻ യോനാം എല്യാക്കീമിന്റെ മകൻ എല്യാക്കീം മെല്യാവിന്റെ മകൻ മെല്യാവു മെന്നയുടെ മകൻ മെന്ന മഥെയുടെ മകൻ മഥ നാദാന്റെ മകൻ നാദാൻ ദീദിന്റെ മകൻ ദാവിദ് ഇഷായിയുടെ മകൻ ഇഷായി ഓബേദിന്റെ മകൻ ഓബേദ് ബോവാസിന്റെ മകൻ ബോവാസ് സൽമോന്റെ മകൻ സൽമോൻ നഖശോന്റെ മകൻ നഖഷോൻ അമ്മി നാദാബിന്റെ മകൻ അമ്മി നാദാബ് അരാമിന്റെ മകൻ അരാം യസ്രോന്റെ മകൻ യെസ്റോൻ പാരേസിന്റെ മകൻ പാരേസ് യഹൂദയുടെ മകൻ യഹൂദയാക്കോബിന്റെ മകൻ യാക്കോബ് ഇസഹാക്കിന്റെ മകൻ ഇസഹാഖ് അബ്രഹാമിന്റെ മകൻ അബ്രഹാം തേറഹിന്റെ മകൻ തേറഹ് നാഹോറിന്റെ മകൻ നാഹോർ ഷരൂഖിന്റെ മകൻ സരൂഗ് രഘുവിന്റെ മകൻ രഘു ഫാലിന്റെ മകൻ ഫാലേഗ് എബീറിന്റെ മകൻ ഏബർ സലോമന്റെ മകൻ സലോം കെയ്നാന്റെ മകൻ കെയ്നാൻ അഫക്സ്ലിന്റെ മകൻ അഫക്സ്ദാദ് ഷെമോന്റെ മകൻ ഷേം നോഹയുടെ മകൻ നോഹ ലാമേഖിന്റെ മകൻ ലാമേഖ് മെഥുശലയുടെ മകൻ മെഥുശല ഹനോക്കിന്റെ മകൻ ഹാനോഖ് എരാദിന്റെ മകൻ ഏരാദ് മലേലിയാവിന്റെ മകൻ മലിയേൽ ഖൈനാന്റെ മകൻ ഖൈനാൻ ഏനോഷിന്റെ മകൻ ഏനോഷ് ഷേത്തിന്റെ മകൻ ഷേത്ത് ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ മകൻ